തന്റെ ഭർത്താവിൽ നിന്ന് വിമുഖതയോ അവഗണനയോ ഒരു സ്ത്രീ ഭയപ്പെടുന്നുവെങ്കിൽ അവർക്കിടയിൽ ഒരു ഒത്തുതീർപ്പിലൂടെ അവർ കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ അവർക്ക് യാതൊരു തെറ്റുമില്ല ഒത്തുതീർപ്പാണ് ഏറ്റവും ഉത്തമം മനുഷ്യ മനസ്സ് പിശുക്കിന് പ്രേരിപ്പിക്കപ്പെട്ടതാണ് എന്നാൽ നിങ്ങൾ സൽഗുണം കാണിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബാനഹുവ താല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു